സൂത്രം പതിനാല് വിശേഷ നിരാകരണ ശ്രദ്ധീന നിരാകാംക്ഷ ാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് വിശേഷ നിരാകരണ ശ്രുതികളെന്ന് പറയുമ്പോൾ സത്യം എന്താണത് ബോധിപ്പിക്കുന്ന ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശ്രുതികൾ അശ്രോതാവിൻ്റെ ഉള്ളിലുള്ള ആകാംക്ഷകൾ ില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതിൻ്റെ പ്രയോജനം അതാണ് അപ്പൊ അതിൽ ആകാംക്ഷ എന്ന് പറയുന്നതും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യും സംശയം ഉണ്ടാവുക തത്വത്തെ സംബന്ധിച്ച് ജിജ്ഞാസ ഉണ്ടാവുക അതെല്ലാം മാറുന്നു അത് മാത്രമാണ് നഹിയത്മനേകത്വനിത്യത്വശുദ്ധവാദ്യവഗതോ സത്യം ഭൂയത് ആകാംക്ഷ ഉപജായ പുരുഷാർത്ഥസമാപ്തിബുദ്ധി ഉപപത് തത്രോമോഹ കശ്യോകയോഗത്വമനുപശ്യത അഭയം വൈജനക പ്രാപ്തോസി വിദ്വാൻ വിഭേദി കുതശ്ചന ഏതം സാധു നംഹം പാപം അകരവം ഇത്യാദിശ്രുതിഭ്യ ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ പലതരത്തിലുണ്ടാവാൻ ആൾക്ക് അപ്പം മുക്തിയെ സംബന്ധിച്ചുള്ള ആകാംക്ഷ ഉണ്ടാവാം എന്താണ് മുക്തി ദുഃഖനിവൃത്തി അതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാവാം സംശയമുണ്ട് എന്താണ് ഈ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് അങ്ങനെ ആകാംക്ഷ ഉള്ളവരെ കുറിച്ച് പറയുകയാണ് ഒരാൾ പറയുന്ന എനിക്കങ്ങനെ മുക്തിയെ കുറിച്ചൊരാകാംക്ഷേ ഇല്ല ദുഃഖ നിവൃത്തിയെ കുറിച്ചും ആകാംക്ഷയില്ല മുക്തിയെ കുറിച്ച് എന്തുകൊണ്ടാകാംക്ഷില്ല മുക്തി എന്നൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അതിന്റെ ആവശ്യമുണ്ട് പിന്നെ ദുഃഖ നിവൃത്തിക്കുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും അത് ദുഃഖനിവൃത്തിക്കുള്ള ഉപായങ്ങൾ അനുഷ്ഠിച്ചാൽ മതി ദുഃഖം നാനാ തരത്തിലാണ് ആഹാരം കിട്ടിയില്ലെങ്കിൽ വിശക്കും വിശന്നാൽ ദുഃഖമുണ്ടാവും അപ്പം ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം എന്താണ് ആഹാരം കഴിക്കുക പ്രശ്നം തോന്നും ദുഃഖത്തിൻ്റെ ഹേതുകൾ പലതാണ് വസ്ത്രമില്ല അതുകൊണ്ട് ദുഃഖമുണ്ടാവും ആ ദുഃഖം നിവർത്തിക്കണമെങ്കിൽ എന്താണ് വസ്ത്രം വേണം ആരോഗ്യമില്ല രോഗമാണ് അത് ദുഃഖത്തെ ഉണ്ടാക്കും ആ ദുഃഖം നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ആരോഗ്യം വേണം അപ്പോൾ ദുഃഖ നിവർത്തിക്കുള്ള നിമിത്തങ്ങൾ പലതാണ് ഒന്നല്ല അതുകൊണ്ട് തന്നെ ദുഃഖം നിവൃത്തിക്കുള്ള ഉപായങ്ങളും പലതായി സ്വാഭാവികമായിട്ടും അപ്പോ ദുഃഖം വരുമ്പോൾ മനുഷ്യൻ ആ ദുഃഖം ഇല്ലാതാക്കുന്നതിനുള്ള ഉപായങ്ങൾ അവനന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പോൾ പിന്നെ ശാസ്ത്രം ഈ പറയുന്ന മോക്ഷശാസ്ത്രത്തിൻ്റെ ആവശ്യമോടെ എന്താ മോക്ഷശാസ്ത്രത്തിന്റെ ആവശ്യം പറയുന്നത് ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് സകല ദുഃഖങ്ങളെന്ന് നിവർത്തിക്കണം പിന്നെ അത് പിന്നെന്താണ് എന്നേക്കുമായിട്ട് നിവർത്തിക്കണം അത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിവർത്തിക്കത്തില്ല വസ്ത്രം ധരിച്ചുകൊണ്ടെന്ന് വൃത്തിക്കത്തില്ല മരുന്ന് കഴിച്ചുകൊണ്ട് നിവർത്തിക്കത്തില്ല എന്ന് വെച്ചാൽ ഇല്ലാതാകും അപ്പൊ അതൊന്നും സാധിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പൊ ഇതിനെക്കുറിച്ച് ജിജ്ഞാസയുണ്ടാവും ദുഃഖ നിവൃത്തിക്കെന്താകും അത് ഒരാൾ അങ്ങനെ ഒരു ആത്യന്തികമായ ദുഃഖ നിവൃത്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലർ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയെ ആഗ്രഹിക്കും എല്ലാവരും ആഗ്രഹിക്കൂ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടോ ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ നാട്ടുകാരെവിടാം എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായി നിവർത്തിക്കണം എന്ന് എത്ര പേരാഗ്രഹിക്കും അങ്ങനെ ഒരു ചിന്ത ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല പിന്നെയല്ലേ ആഗ്രഹിക്കുന്നു വരാൻ ചാൻസ് കുറവാണ് എന്തുകൊണ്ടാഗ്രഹിക്കില്ല എന്ന് പറയുന്നു എന്താ കാരണം അങ്ങനെ ഒരു ദുഃഖം നിർത്തിക്കൊണ്ട് കേൾക്കുന്ന ഒരാളെ അങ്ങനെ ദുഃഖം നിർത്തിയെ ആഗ്രഹിക്കും നമ്മളങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം നിവർത്തിക്കണം എല്ലാ ദുഃഖങ്ങളും എന്നയിക്കും എന്നുള്ള ഒരു ആശയം തന്നെ സാറിന് മനുഷ്യൻ്റെ മനസ്സിൽ തൽക്കാലം താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ എന്താണ് അതാണ് സാറിന് മനുഷ്യൻ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നതും അതാണ് എന്താണോ ഒരാൾ വിശക്കുന്നു അവന് ആഹാരം കൊടുക്കുന്നു നല്ല കാര്യമാണ് ഒരു തന്നെ വസ്ത്രമില്ല അവന് വസ്ത്രം കൊടുക്കുന്നു ഒരാൾക്ക് ഒരാൾ രോഗിയാണ് രോഗം മാറ്റുന്നു ഇതൊക്കെ നമ്മളും ചെയ്യുന്നു അല്ല ഒരാൾ പറയുകയാണ് എനിക്ക് എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായി മാറണം അങ്ങനെ ആരെങ്കിലും എല്ലാ ദുഃഖങ്ങളും എന്നേക്കായി മാറാൻ വേണ്ടി ആരെങ്കിലും നമ്മളെ സമീപിക്കാറുണ്ടോ ഉണ്ടോ ഇത് സംശയമുണ്ടോ എല്ലാവരും സമീപിക്കുന്ന അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ ആവശ്യങ്ങളുമാണ് അതല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ ആത്യന്തികമായത് ദുഃഖത്തിലേക്ക് നയിക്കുന്നതാണെങ്കിലും ദുഃഖം എന്നുള്ളതൊന്നും മനുഷ്യൻ ചിന്തിക്കത്തില്ല പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നാട്ടിലെ പ്രശ്നം കുടുംബത്തിൽ പ്രശ്നം തടുവേദന പല്ലുവേദന നടുവേദന ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒത്തുകൂടുന്നത് അല്ലാതെ ഈ പറയുന്ന ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് ആരും ഒരിടത്തും പോകാറില്ല ആരെയും സമീപിക്കാറുമില്ല ഒരു ഗുരുക്കന്മാരെയും ആരും സമീപിക്കാറില്ല അതിനെക്കുറിച്ച് മനുഷ്യന് ബോധമില്ല പിന്നെ എന്നെ സമീപിക്കുന്നു ബോധം ഉണ്ടായിട്ട് വേണ്ടിയെ സമീപിക്കുക നമ്മൾക്കറിയാത്ത ഒരു കാര്യത്തെ നമ്മളെങ്ങനെ ആഗ്രഹിക്കും നമ്മളിരിക്കുന്ന ഭൂമിയുടെ അടിയിൽ ഒരു നിധിയുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും എത്ര കാലം അവിടെ ജീവിച്ചാലും അങ്ങനെ നിധിയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ആരും അത് ആഗ്രഹിക്കുന്നു അറിയാത്ത നിധി ആരും ആഗ്രഹിക്കത്തില്ല അതുപോലെ ഈ പറയുന്ന അദ്വൈതത്തിൽ പറയുന്ന ആത്യന്തിക ദുഃഖം എന്ന് വരുത്തി ആഗ്രഹിക്കുന്നവർ വളരെ വളരെ വളരെ കുറവായിരിക്കും അങ്ങനെ ഒന്നിനി അങ്ങനെ ഒന്നറിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് വിശ്വാസം വരും നമ്മൾ വെറുതെ പറയുകയാണ് അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ പോലും ഇല്ല പിന്നെ അല്ലെങ്കിൽ പുറത്ത് സമൂഹമൊന്നും ആഗ്രഹിക്കുന്നില്ല അവരുടെ പ്രശ്നത്തിന് പരിഹാരം അതാഗ്രഹിച്ചിട്ടാണ് അവർ മഹാത്മാക്കളെ കാണാൻ പോകുന്നു ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നുമല്ല ഇവിടെ ഭാഷകാലം എനിക്ക് പറയും ഇതൊന്നും ഞങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നൊന്നുമില്ല എന്തോന്നു ആത്യന്തിക ദുഃഖ നിവൃത്തി എന്നാൽ നീ ആത്യന്തിക ദുഃഖ നിവൃത്തി നേടിക്കോ അങ്ങനെയൊരു പരിപാടിയില്ല അദ്വൈതത്തിൽ ആരെങ്കിലും തലയിൽ ഇത് കെട്ടിവെച്ചിട്ട് അവരെ കൊണ്ടിതിൻ്റെ പുറകെ നടക്കാൻ അവരെ നടത്തിക്കുക അവരോട് നടക്കാനാവശ്യപ്പെടുക അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെയില്ല അതുകൊണ്ടാണ് അദ്വൈതത്തിന് ആള് കുറയുന്നു അങ്ങനെയൊരു ഇല്ല വ്യക്തമായും പറയും ഞങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നില്ല ഇത് ആവശ്യക്കാരന് വേണ്ടി മാത്രമുള്ളതാണ് ആവശ്യക്കാരാണെങ്കിലോ വളരെ കുറവും പശ്ചിത് മാം വേത്തി തത്വത ഭഗവാൻ തന്നെ പറഞ്ഞു ആ തത്വത്തെ ഗ്രഹിക്കാൻ ആൾക്കാർ കുറവാണ് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരാൾക്കൂട്ടത്തിൽ വന്നോ രണ്ടോ പേര് കാണും പിന്നെ എന്താ വേറെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരാഗ്രഹിക്കുന്ന ഇതല്ല വേറെ എന്തെങ്കിലും കിട്ടുമോ ആ പ്രതീക്ഷയിലാണ് അടുത്ത ഭാഷകാരൻ പറയും എൻ്റെ വാക്കല്ല ആത്യന്തിക ദുഃഖം നിവൃത്തിക്കുള്ള ആകാംക്ഷയുണ്ടായാൽ അതും ശമിക്കും എന്നാണ് അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായാൽ ഇല്ലെങ്കിൽ പിന്നെ അത് ശമിക്കയില്ല അത് അദ്വിതം നിരന്തരം കേൾക്കുന്നവർ തന്നെ പറയും കുറേ കാലമായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ദുഃഖ നിവൃത്തി ഒന്നും സംഭവിക്കുന്നില്ല ഈ പറയുന്ന ദുഃഖ നിവൃത്തി അതായത് ആത്യന്തിക ദുഃഖ നിവൃത്തിയുള്ള ആകാംക്ഷ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല നമ്മുടെ ആകാംക്ഷ താത്കാലിക ദുഃഖ നിവൃത്തിയാണ് അത് ഇതുകൊണ്ടൊട്ടും നടക്കുന്ന കാര്യമുണ്ട് അതാണിതിൻ്റെ ഒരു വൈപരീത്യം അദ്വൈത ഉപദേശം കൊണ്ടോ അദ്വൈത ബോധം കൊണ്ടോ മനുഷ്യൻ്റെ താത്കാലിക ദുഃഖങ്ങൾക്കൊന്നും നിവൃത്തി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ വിശപ്പുണ്ട് ദുഃഖമാണ് ആഹാരം കഴിച്ചാൽ അത് മാറും അല്ല അദ്വൈതജ്ഞാനമുണ്ട് അത് മാറത്തില്ല രോഗമുണ്ട് ചികിത്സിച്ചാലേ മാറും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അദ്വൈതം ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല ഇത് കേവലം ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് ഉള്ള ഉപായും ആത്യന്തിക ദുഃഖ നിവൃത്തി എങ്ങനെ എന്നുള്ള ആകാംക്ഷയെ ശമിപ്പിക്കുന്നതാണ് അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല ശ്രദ്ധ വേണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതാണ് ഇവിടെ പറയുന്ന ആകാംക്ഷ പറയുമ്പോൾ ഈ തത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും ജിഞ്ാസിയും മാത്രമല്ല തത്വം ബോധിപ്പിക്കുന്നത് ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് വരുന്ന ആകാംക്ഷയും അതെങ്ങനെ സാധിക്കും ആത്യന്തിക ദുഃഖം നിവൃത്തി എന്താണ് അതിൻ്റെ സ്വരൂപം അതെങ്ങനെയിരിക്കും ആത്യന്തികമായ ദുഃഖം നിവർത്തിച്ചു അപ്പോൾ ആ ആകാംക്ഷയും നിവർത്തിക്കുന്നു ഈ പരമാർത്ഥമായ തത്വത്തെ ഒരാൾ ബോധിക്കുമ്പോൾ ഇവിടെ ബോധിപ്പിക്കുന്നത് ശ്രുതിയാണ് പാഷുകാരൻ അതിന്റെ ഉത്തരവാദിത്വ സ്വയം ഏറ്റെടുക്കുന്നുണ്ട് ശ്രുതിയാണ് അതിന്റെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് ശ്രുതി ബോധിപ്പിക്കുന്നു അതാണ് ബോധിക്കേണ്ടവനത് ബോധിക്കുന്നു പാഷുകാരനും പറയുന്നത് എന്താണ് ഞാനിത് ബോധിച്ചത് ശ്രുതിയിൽ നിന്നാണ് നിങ്ങളത് ബോധിക്കേണ്ടത് ശ്രുതിയിൽ നിന്നാണ് അതെങ്ങനെയുള്ള ശ്രുതി വിശേഷ നിരാകരണ ശ്രുതി മറ്റെല്ലാ സംബന്ധങ്ങളെയും നിഷേധിച്ചിട്ട് പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി അതിൽ നിന്ന് ബോധിക്കും അങ്ങനെ ബോധിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആകാംക്ഷകളും ുന്നു ഇപ്പൊ ദുഃഖ നിവൃത്തിയെ സംബന്ധിച്ചുള്ള ആകാംക്ഷകളെല്ലാം നിവർത്തിച്ചാൽ എന്നുവെച്ചാൽ അതില്ലാതായാൽ പിന്നെ ദുഃഖമില്ല പിന്നീട് ദുഃഖമില്ല എവിടെയില്ല ഏ ബോധിച്ചവന്റെ ദുഃഖമില്ലേ ബോധിച്ചവന് പിന്നെ വിശന്നാൻ ചെയ്യും ഇതൊക്കെ ബോധിച്ചു നിങ്ങളെണ്ണായിപ്പോ ദുഃഖം എന്ന് വിളത്തി ബോധിച്ചിരിക്കുകയാണ് എത്രയോ കാലം കൊണ്ട് വിശപ്പ് വന്നാ സങ്കടം തോന്നുമോ അതേന്ന് പരമാർത്ഥത്തിലില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാ ദുഃഖം മാറൂ ശരി ദുഃഖം സത്യമല്ലാന്ന് അറിഞ്ഞു രണ്ടു ദിവസം പട്ടിണിക്ക് ഇട രണ്ടു ദിവസം പട്ടിണിക്ക് ഇടാം പിടിച്ചു നിക്കാൻ പറ്റൂ എന്താണ് അതായത് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് എന്താണ് നീ ആരാണ് എന്നാണ് ബോധിപ്പിക്കുന്നത് നീ ആരാണ് നീ എന്താണ് നീ എന്ത് സാധനമാണ് ശ്രുതി പറയുന്നു നീ സച്ചിദാനന്ദ സ്വരൂപനാണ് പിന്നെ അടുത്തെന്താ പറയുന്നത് അങ്ങനെയുള്ള നിന്നിൽ ദുഃഖം മൂന്നു കാലത്തിലുമില്ല ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് എങ്ങനെ ബോധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നിൽ ദുഃഖമില്ല എന്ന് ബോധിപ്പിക്കുന്നു അപ്പം തന്നിൽ ദുഃഖമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ എന്താ അടുത്ത പറയും അതൊരു സന്തോഷം അല്ലേ ഉറപ്പായിട്ടും ഒരാൾ അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ആറു അയാൾക്ക് ശാന്തി സമാധാനം എല്ലാം കൊടുക്കും തന്നിൽ ദുഃഖമുണ്ട് ആ ദുഃഖത്തെ എങ്ങനെ മാറ്റും പൂർണമായും അങ്ങനെ മാറ്റും എന്നേക്കും എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുന്നവരു മാത്രമേ ഇത് പ്രയോജനം ചെയ്യൂ അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇത് കേട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ ഓരോരോ ഉപായങ്ങൾ കണ്ടെത്തുകയും അവരോട് ദുഃഖത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് അവിടെ ഇതിന് യാതൊരു സ്ഥാനമില്ല വിശക്കുമ്പം ഭക്ഷണം കഴിക്കുന്നു വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നു രോഗം വന്നാൽ ചികിത്സിക്കുന്നു അവിടെ ഇതിൻ്റെ ആവശ്യം പല ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ നമ്മളതിനെ കണ്ടുപിടിച്ച് ചെയ്യുന്നു അവിടെ അവിടെയും നമുക്ക് എങ്ങനെ ദുഃഖത്തെ നിവർത്തിക്കാം എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും നമ്മുടെ നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകും നമ്മൾ മറ്റുള്ളവരെ ദുഃഖം നിവർത്തിക്കുന്നു അങ്ങനെയാണ് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു രോഗമുള്ളവന് ചികിത്സിക്കുന്നു അവൻ്റെ ആവശ്യം അതാണ് എന്ത് ചെയ്യുന്നു നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ അവിടെ ഈ പറയുന്നതായ ആത്യന്തിക ദുഃഖം നിവൃത്തി അങ്ങനെയെന്നുള്ളൊരു ചോദ്യമോ ഉത്തരമോ വരുന്നുണ്ട് ഇതാരാണോ ഇതിനെ സംബന്ധിച്ച് ആകാംക്ഷയുള്ളത് അവരുടെ ആകാംക്ഷയെ നിവൃത്തിയേത്തുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിലും ഒരാൾ ആകാംക്ഷ ഉണ്ടാക്കാം അത് സാധിക്കും ഇങ്ങനൊരു തത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ ഒരു പരമാർത്ഥ തത്വമാണ് നീ എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവന് ജിജ്ഞാസ ഉണ്ടാവും അങ്ങനെ ഒരു പരമാർത്ഥ തത്വമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പരമാർത്ഥമല്ലാത്ത സുഖദുഖങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ അത് മാറ്റാൻ ഉപായം അപ്പോൾ മാത്രമേ അവൻ ചിന്തിക്കത്തുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഒരുവന്റെ ഭൗതികമായ ദുഃഖനിവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവന് അവൻ്റെ ആധ്യാത്മികമായ ദുഃഖനിവൃത്തിക്കുള്ള അവസരം അവന് കിട്ടുന്നില്ല കാരണം ദുഃഖം നിവർത്തിക്കുന്നു വീണ്ടും വീണ്ടും പുതിയ ദുഃഖം വരുമ്പോൾ നമ്മളുടെ ജോലി എന്താണ് വീണ്ടും വീണ്ടും അത് പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പൊ ജോലിയില്ലാത്ത പോലെ തന്നെ ഒരു ജോലി കൊടുത്തു അവന് സന്തോഷമായി ജോലിയില്ലാത്തതിന്റെ ദുഃഖം മാറി സന്തോഷം അവന് സന്തോഷം നമുക്ക് സന്തോഷം അപ്പോഴാണ് അവൻ ശമ്പളത്തിനു വേണ്ടി സമരം ചെയ്യുന്നു അടുത്ത ദുഃഖമായി അവനും ദുഃഖമായി നമുക്കും ദുഃഖമായി അപ്പൊ അത് പരിഹരിച്ച് അല്ലേ അപ്പോൾ നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടായിരിക്കും നമ്മളൊരു ചെറിയ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അവന് അവനെന്ത് വേണം വലിയ സഹായം വേണം അത് ചെയ്തു കഴിഞ്ഞാൽ അതിനും വലിയ സഹായം നമ്മൾ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുകയാണ് പക്ഷേ അത് അവന്റെ ദുഃഖങ്ങളെ നിവർത്തിപ്പിക്കുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു അതാ പ്രശ്നം അവന് വീണ്ടും എന്തു വരുന്നു ദുഃഖ നിവൃത്തിക്കുള്ള ആഗ്രഹം വീണ്ടും ഉണ്ടാകും അവൻ പുതിയ ദുഃഖങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു ആ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട ആരുടെ ജോലി കഴിഞ്ഞു നമ്മുടെ ജോലി അവൻ്റെ ജോലിയല്ല അതേ അതല്ലേ നമ്മുടെ അനുഭവം ഒരു തൊഴിലുമില്ലാതെ നടക്കുന്ന ഓരോ പിടിച്ചൊരു തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട ആരുടെ ജോലി ഇന്ന് ഒരാളിയുടെ ജോലി തൊഴിൽ അതുവരെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈ കൊടുത്തയാളിനുണ്ടായിരുന്നു ചിന്തിച്ചു പോകണം അവൻ്റെ ദുഃഖങ്ങൾ പരിഹരിക്കേണ്ട ജോലി തൊഴിൽ ദാതാവിനുണ്ടോ അതുവരെ ഇല്ല ആ തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ദുഃഖം നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും വ്യവഹാരത്തിൻ്റെ സ്വഭാവമാണ് ഇതാണ് കർമ്മമണ്ഡലം ഇങ്ങനെയാണ് കർമ്മമണ്ഡലത്തിൽ കർമ്മ മണ്ഡലം എന്ന് പറയുന്ന കുരുക്കിൽ നമ്മൾ പെടും ഇതൊരു സത്യമാണ് നിങ്ങളോട് പറയാൻ മടിക്കേണ്ട കാര്യം എനിക്കില്ല പെട്ടുകഴിഞ്ഞാൽ അത് കുരുങ്ങി കുരുങ്ങി കുരുങ്ങി തന്നെ ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല പിന്നിങ്ങനെ കുരുങ്ങുന്ന ചിലക്കൊരു രസമാണ് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഒരു രസമായിട്ട് തോന്നും അങ്ങനെയുണ്ട് മനുഷ്യർ പലതരത്തിലുണ്ട് അപ്പോ അങ്ങനെ ഒരു മനുഷ്യനെപ്പോഴെങ്കിലും ആത്യന്തിക ദുഃഖ നിവൃത്തികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും അതിന്റെ ആവശ്യം ഒന്നില്ല അപ്പോ ഇതിവിടെ ആത്യന്തിക ദുഃഖ നിവൃത്തിയെ കുറിച്ച് ഉള്ള ജിജ്ഞാസയെ ശമിപ്പിക്കുമെന്നാണ് പറയുന്നത് അത് അദ്വൈതം പറയുന്നത് എന്താണ് ത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അങ്ങനെ ഒരു ദുഃഖം നിന്നിലില്ല ഒരിക്കലും നശിക്കാത്ത ഒരു ദുഃഖം നിന്നിൽ ഇല്ല എന്ന് മാത്രമല്ല തൃകാലത്തിന് നിന്നിൽ ദുഃഖം ഇല്ല ഇതാണ് ബോധിപ്പിക്കുന്നത് അങ്ങനെ തന്നിൽ ദുഃഖമില്ല എന്ന് ബോധിപ്പിക്കുന്നു ബോധിക്കുമ്പോഴേ ജിജ്ഞാസെന്ന് വർദ്ധിക്കും ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആകാംക്ഷ അറിയാനുള്ള ആഗ്രഹമാണ് മറ്റൊന്നുമല്ല നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം നേടാനുള്ള ആഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടെ ഭക്ഷണം എന്താണെന്നുള്ള അറിയാനുള്ള ആഗ്രഹമാണോ ആണോ വിശത്തുന്നു ഭക്ഷണം നേടാനാണ് ആഗ്രഹിക്കുന്നത് അല്ല ഭക്ഷണം എന്തെന്ന് അറിയാനല്ല കാരണം ഭക്ഷണം എന്തെന്ന് അറിഞ്ഞിട്ടാണ് അത് ആഗ്രഹിക്കുന്നു കിട്ടാതെ വന്നപ്പോൾ അപ്പോൾ അവിടെ അറിയാനുള്ള ആകാംക്ഷയല്ല അവിടെ നിവർത്തിക്കുന്നത് അവിടെ വിശപ്പിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് ഒന്നിനെ പ്രാപിച്ചപ്പോൾ ഉണ്ടായ ദുഃഖത്തിൻ്റെ നിവൃത്തിയാണ് അത് അപ്രാപ്തമായ ഒരു വസ്തുവിനെ പ്രാപിച്ചതുകൊണ്ട് വരുന്ന ദുഃഖ നിവൃത്തിയാണ് രണ്ടും രണ്ടാണ് നമ്മുടെ ആചാര്യ നേരത്തെ മനസ്സിലാക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ദുഃഖത്തെയോ അന്യൻ്റെ ദുഃഖത്തെയോ ഇല്ലാതാക്കാൻ കഴിയത്തില്ല അപ്രാപ്തമായി ഒന്നിനെ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ താത്കാലികമായ ദുഃഖ നിവൃത്തി ചിലപ്പോൾ അത് നേടിക്കൊടുക്കുന്നവന് വലിയ തലവേദനയ്ക്ക് കാരണമായും തീരും അല്ലേ ആശ്രമത്തിൽ ആദ്യകാലത്ത് വരുമ്പോൾ കഞ്ഞി ആയാലും മതി കുറച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയും പോരാതെ വരും അതിൽ കുറച്ച് നെയ്യ് കൂടെ വേണം അങ്ങനെയല്ലേ ആണോ അല്ലേ സത്യസന്ധമായി പറഞ്ഞ ആണോ അല്ലേ അപ്പോ അത് വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവൻ ത്യാഗമൂർത്തിയാണ് വൈരാഗ്യമൂർത്തിയാണ് അപ്പൊ കഞ്ഞിയിലും അവൻ കഞ്ഞി പ്രാപിച്ചാ മതി കുറച്ച് കഴിയുമ്പോൾ അവൻ എന്താ ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളെ ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറയും എന്തായിരിക്കും ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ തന്നെ പറയേണ്ടി വരും പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വിരോധമൊന്നും തോന്നരുത് ഈ കഞ്ഞി തരുന്നു പക്ഷെ ഇത് വെറുതെ അല്ലല്ലോ തരുന്നു പണിയെടുത്തിട്ടല്ലേ കുറച്ച് ചപ്പാത്തി ആയാലെന്താ വെറുതെ തരുന്നെങ്കിൽ ശരി അപ്പൊ ഈ കൂടത്തെ ആൾ ആരായി കൊടുക്കുന്ന ആളാരായി അപ്പോൾ അതാണ് നമ്മളുടെ ഡിമാൻഡ് മാറിക്കൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്താലും ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾക്ക് ആർക്കെങ്കിലും തരുമ്പോൾ നമ്മളിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ അവരിൽ സംഭവിക്കുന്നത് ഇത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം അപ്പൊ അപ്രാപ്തമായത് പ്രാപിക്കുന്നതിലൂടെ ഒരു തൻ്റെ ദുഃഖി നിവൃത്തി വരുത്തുക പ്രയാസ താത്കാലികമായി പറ്റും നല്ലതാണ് ഒരു സത്കർമ്മമാണ് അത് മോശമെന്നല്ല ഞാൻ പറയുന്നു ഇവിടെ പറയുന്ന ആധ്യാത്മികം അതല്ലെന്നാണ് ഞാൻ പറയുന്നു വ്യക്തമായിട്ട് നമ്മുടെ ഭാഷ്യകാരൻ പറയുന്ന നമ്മുടെ ആചാര്യൻ പറയുന്ന ആത്മീയത അതല്ല പറയുന്ന ആത്യന്തികമായ ദുഃഖ നിവൃത്തി ഞാൻ കൂടി ചുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട മറന്നുപോയ എന്താണ് നമ്മൾ പറയും ആത്യന്തികമായ ദുഃഖ നിവൃത്തി ആർക്കും വേണ്ടല്ലോ പറയത്തില്ലേ നമുക്ക് ആൾക്കാരുടെ ആത്യന്തിക ദുഃഖ ഒരവസരവും കിട്ടുന്നില്ല ആർക്കും വേണ്ട അത്യന്തിക ദുഃഖം എന്ന് പറയും അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ സാധനമുണ്ട് സ്റ്റോക്കുണ്ട് ഡിമാൻഡില്ലെങ്കിൽ എന്തു ചെയ്യും ഡെഡ് സ്റ്റോക്ക് ഡിമാൻഡില്ല ഇപ്പോൾ കൊറോണ കാലത്ത് മാളുകളിലൊക്കെ അങ്ങനെയാണ് എല്ലാം ഡെഡ് സ്റ്റോക്ക് ഡിമാൻഡില്ല ആരൊക്കെ അങ്ങോട്ട് കയറുന്നുമില്ല ചോദിക്കുന്നുമില്ല പേടിച്ചിട്ട് അതുപോലെ ഈ ദുഃഖം എന്ന് ുള്ളും ഡ് സ്റ്റോക്കായി നമ്മുടെ ഇരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ട് ആൾക്കാർ കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട ഇത് എന്തുകൊണ്ട് വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വേണ്ടാത്തത് ഏ എന്തുകൊണ്ടാ വേണ്ടാത്തത് ഏ ആ നമ്മുടെ കുറ്റമാണ് അവർക്കത് വേണ്ടാതായത് നമ്മൾ മാള് പൂട്ടിയിരിക്കയാണ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിനെ അവര് അവരെ നമ്മൾ ബോധിപ്പിക്കുന്നില്ല അതാരോലിയാ അത് ബോധിപ്പിക്കേണ്ടത് സ്റ്റോക്ക് ഹോൾഡിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർക്കല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ അപ്പൊ നമ്മളവരെ ബോധിപ്പിക്കുന്നില്ല ഇങ്ങനൊരു ആത്യന്തികമായ ദുഃഖം നിവൃത്തിയുണ്ട് എന്നുള്ള കാര്യം ഒരുവൻ അറിയാനേ പറ്റുന്നില്ല അവൻ അറിയാൻ അവസരമേ കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മൾക്ക് സമാധാനമുണ്ട് അവനാവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ സമാധാനിക്കുന്നു ആണോ അല്ലയോ എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പം പറയണം പിന്നീട് പറഞ്ഞാൽ പറ്റില്ല വാസ്തവത്തിൽ എന്താണ് അവന് വേണ്ടത് അതവനാരും ബോധിപ്പിക്കുന്നില്ല അവൻ പറയും ശരി എല്ലാത്തിനും നമുക്ക് യുക്തിയുണ്ട് അതെ നമ്മൾ പറയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അവൻ തിരസ്കരിക്കുന്നു ഇതല്ലേ നമ്മൾ പറയുന്നു അതല്ലേ നമ്മൾ പറയുന്നത് അവനത് വേണ്ട അവൻ തിരസ്കരിക്കുന്നു നിങ്ങളിപ്പോ എന്താണോ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലും നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ തിരസ്കാരം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരാൾക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആദ്യം അത് വാങ്ങിയിട്ട് ചോദിക്കുന്ന എന്താ ഇത്രയും കുറഞ്ഞു പോയത് കുറച്ചുകൂടെ തരാത്തത് നിങ്ങളുടെ കയ്യിൽ എന്നല്ലേ ചോദിക്കുന്നു സത്യമാണോ അല്ലേ ചിലരൊക്കെ പതുക്കത്തലയായിട്ടൊന്നും ധൈര്യമില്ല അപ്പം നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് കൊടുത്താലും എന്താണ് തിരസ്കാരം അപ്പം സത്യം പറഞ്ഞിട്ട് കുറിച്ച് തിരസ്കാരം കിട്ടിയാൽ എന്താ ദോഷം അത് പറയണമെങ്കിൽ അറിയണം അറിഞ്ഞാലേ പറയാൻ പറ്റും അതാണ് നമ്മുടെ ആചാര്യം പറയുന്നവിടെ നമ്മളെ ബോധിപ്പിക്കുന്ന അതാണ് അപ്പൊ ആത്യന്തിക ദുഃഖ കുറിച്ച് ബോധിപ്പിക്കും അപ്പോ അത് എങ്ങനെ ബോധിപ്പിക്കുന്നു നിന്നിൽ തൃക്കാലത്തിലും ദുഃഖമില്ല എന്ന് നീ ബോധിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിതൊക്കെ പറഞ്ഞാൽ ജനം തിരസ്കരിക്കും അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ജനത്തിനോട് പറയുന്നില്ല എന്ന് പറയും അതാണ് നമ്മൾ സാധാരണ പറയുന്നത് ആത്യന്തിക ദുഃഖനിവൃത്തിയെക്കുറിച്ച് പറഞ്ഞാലും തിരസ്കരിക്കാം ഏതുവരെ അത് ബോധ്യപ്പെടുന്നതുവരെ അതെന്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ അതാണ് ഭാഷ്യക്കാരനോട് പറഞ്ഞിരിക്കുന്നത് ആകാംക്ഷ നിവൃത്തി എന്ന് പറയുന്നു മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ പറയണ്ട ഞാൻ അങ്ങനെ പൊതുവായി പറഞ്ഞേ ഉള്ളൂ നമ്മുടെ കാര്യം നമ്മളെടുത്താൽ നമ്മളെ ബോധിച്ചിട്ടല്ലേ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ നമുക്ക് പറ്റിയ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഈ കാര്യം നമുക്ക് ബോധിക്കുന്നില്ല അതുകൊണ്ട് നമ്മളാരെയും ബോധിപ്പിക്കുന്നില്ല ഇതാണ് അതിന്റെ സാരം പക്ഷെ ആചാര്യൻ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാതിരിക്കാനും കേൾക്കാതിരിക്കാനും ശ്രദ്ധിക്കാതിരിക്കാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് പറയുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഉടനെ വേറൊരു രീതി ചിന്തിക്കും ഓ ഇതൊരു ബ്രഹ്മസൂത്രം അത് സംസ്കൃതം അതിൽ പറയുന്ന വലിയ തത്വങ്ങൾ അതൊന്നും പണ്ഡിതന്മാർക്ക് പറയാൻ കൊള്ളാം പ്രായോഗികമായി അതൊന്നും പറ്റത്തില്ല ഇതാണ് പിന്നെ അവസാനത്തെ നമ്മുടെ കച്ചിത്തുരുമ്പ് ആ തുരുമ്പി പിടിച്ചാലും നമ്മൾ മുങ്ങിപ്പോകും ഉറപ്പായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പാണ്ഡിത്യം എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും അപഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ഡിതന്റെ അറിവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അറിവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പുച്ഛിക്കുന്നതെന്ന് എന്തിക്കുന്നത് അപ്പൊ അറിവ് ആഗ്രഹിച്ചിട്ടും നമ്മൾ പാണ്ഡിത്യം എന്ന് പറഞ്ഞ് അറിവാഗ്രഹിക്കാത്ത ആരാ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ടിങ്ങനെ പറയുന്നു അല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ മനസ്സിനും വരും ഇതുപോലെയൊക്കെ ഇതൊന്ന് അറിയുകയും മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ എന്താണെന്നൊരു ആഗ്രഹം ആർക്കും തോന്നുന്നു ഈ പോസ്റ്റ് പലരും നോട്ടമൊണ്ടിരിക്കുക പക്ഷെ കയ്യിൽ മസാലയൊന്നുമില്ല പറയാൻ എന്തെങ്കിലും വേണ്ടേ വേണ്ടേ ശരിക്കും എന്തുകൊണ്ടത് നമ്മുടെ ഈ വരുന്നില്ല നമ്മുടെ മനസ്സിലെ ഈ അതുകൊണ്ടാണ് അറിവ് നമ്മളീ വരാത്തത് അപ്പോ നമ്മളിലേക്ക് വരാത്തോണ്ട് അപ്പോൾ അങ്ങനെ ഒരു നമ്മളുടെ അപകർഷതാ ബോധമാണ് കൂടുന്നത് സ്വയം മറ്റുള്ളവരൊരു പക്ഷേ നമ്മളെ അറിവുള്ളവനാണെന്നും ധരിച്ചാലും നമുക്ക് സ്വയം തോന്നും എന്താണ് വേണ്ടത്ര മസാല നമ്മുടെ കയ്യിലില്ല അപകർഷതാബോധം ഉണ്ടാവും ഈ അപകർഷതാബോധമുള്ളത് എവിടെയാണെങ്കിലും ആരായാലും ഈ അപകർഷതാബോധം എല്ലാവർക്കും മനുശാസം പറയുന്നതാണ് അവർക്കൊരാത്മരതിയുണ്ട് ഒരാത്മനിർവൃതിയുണ്ട് എങ്ങനെയാണ് ആത്മനിർവൃതി ഉണ്ടാകുന്നത് ഈ പറയുന്ന തരത്തിലുള്ള നിന്ദ പുച്ഛം ഇങ്ങനെയുള്ള മനോഭാവങ്ങളിലൂടെയാണ് സ്വയം ആത്മനിർവൃതി അനുഭവിക്കുന്നത് അതാ അപകർഷതാ ബോധത്തിന്റെ ഒരു ഭാഗമാണ് അവർ എല്ലാവർക്കും വേണ്ട ഒരു സന്തോഷം അല്ലേ മനുഷ്യനായ എല്ലാവർക്കും സന്തോഷം വേണം ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പം നിങ്ങളിലൊരു അപകർഷത വന്നാൽ പിന്നെ അവിടെയും ഒരു ആത്മരതി ആവശ്യമാണ് ഒരു സന്തോഷം അതെങ്ങനെ കിട്ടും സന്തോഷം പലതരക്കും പലതരത്തിൽ കിട്ടും അതിനെയൊക്കെ പുച്ഛിച്ചാൽ കിട്ടും അപ്പോൾ അത് അതുകൊണ്ട് എന്ത് വരുന്നു അവിടെ ആ ഗുരുത്വം നഷ്ടപ്പെടും അപ്പോൾ അറിവില്ലാതെ പോകും പിന്നെ ആ വഴിക്ക് തന്നെ പോവും അപ്പൊ അതുകൊണ്ട് കാര്യം ഇവിടെ എന്താണ് ഭക്ഷ്യകാരനാണ് നമുക്ക് ഈ അറിവ് തരുന്ന ആചാര്യ അപ്പോ ആ നമുക്ക് വേണമെങ്കിൽ അതിന് ചെവി കൊടുത്തേ പറ്റൂ അങ്ങനെ ചെവി കൊടുക്കുന്നവൻ മാത്രമേ ആ ബോധമുണ്ടാകുള്ളൂ മുമ്പ് പറഞ്ഞതായ എന്താണ് ദുഃഖം എന്നുള്ള ആകാംക്ഷ അവിടെ ശ്രമിക്കത്തുള്ളൂ എന്തുകൊണ്ട് ആകാംക്ഷ ശ്രമിക്കുന്നില്ല എന്നുള്ളതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അവരും എന്റെ ഉള്ളിൽ അത് തെളിയണ്ടേ അപ്പോ നമ്മൾ സ്വയം ബോധിക്കാനായാലും ശരി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി തീർച്ചയായിട്ടും അവനത് സ്വീകരിക്കാൻ തയ്യാറാവണം നിന്ദിച്ചാൽ ശരിയാകത്തില്ല സ്വീകരിക്കാൻ തയ്യാറാൽ അവന്റെ ഉള്ളിലും ആ ബോധം തെളിഞ്ഞു വരും അപ്പൊ അവനും മനസ്സിലാവും എന്താണ് നിരാകാംക്ഷ എങ്ങനെയാണ് ആകാംക്ഷ നിവർത്തിക്കുന്നത് അത് തത്വത്തെ സംബന്ധിച്ചുള്ള ആകാംക്ഷ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം നിവൃത്തിയെക്കുറിച്ചുള്ള ആകാംക്ഷയും നിവർത്തിക്കുന്നു രണ്ടുകാര്യം ഇവിടെ ഭാഷകാരൻ പറയുന്നുണ്ട് ശ്രുതിയെ തന്നെ ഉദ്ധരിച്ചു അപ്പൊ അവനെയാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ് അവൻ കൃതകൃത്യനായിരിക്കുന്നു അപ്പൊ ഈ ആകാംക്ഷന്ന് പറയുന്നത് തന്നെ പറയണം ഈ തത്വത്തെ സംബന്ധിച്ചും ദുഃഖ നിവൃത്തിയെ സംബന്ധിച്ച ആകാംക്ഷകളാണ് നിവർത്തിക്കുന്നു അവിടെയാണ് അവൻ അറിവുണ്ടാകുന്നു അവിടെയാണ് അവൻ സർവജ്ഞനാകുന്നു അല്ല ലൗകികമായ വിഷയങ്ങളിലല്ല സയൻസോ കണക്കോ അറിയാനുള്ള ആകാംക്ഷയൊന്നും അവനൊ നിവർത്തിക്കുന്നില്ല രാഷ്ട്രീയത്തിലുള്ള ആകാംക്ഷ നിവർത്തിക്കില്ല മതത്തിലുള്ള ആകാംക്ഷ നിവർത്തിക്കും കർമ്മമണ്ഡലത്തിലെ ആകാംക്ഷ നിവർത്തിക്കത്തില്ല ആകാംക്ഷ ഉണ്ടാകുമോ എന്ന് നിർബന്ധമില്ല ഉണ്ടായാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞ് ദുഃഖ നിവൃത്തി ഉണ്ടായാലും എന്തൊരും വിസക്കും അതാണ് അദ്വൈതത്തിൻ്റെ നിലപാട് അന്നം കെട്ടിയില്ലെങ്കിൽ ദുഃഖിക്കും ആ ദുഃഖം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം അന്നം തന്നെ വേണം അതീ പറയുന്ന അദ്വൈത ബോധം കൊണ്ടാവുന്ന നിർത്തിക്കെത്തില്ല രോഗം വന്നാൽ ദുഃഖം വരും അത് രോഗം മാറിയാലേ ദുഃഖം നിവൃത്തി വരും അതിനീ പറയുന്ന അദ്വൈതത്തിലെ നിരാകാംക്ഷയായിട്ടൊരു ബന്ധവുമില്ല രണ്ട് അറ്റവും ഒരുപോലെയാണ് ഈ തത്വത്തെ അറിയുന്നതിന് മുമ്പും നിങ്ങൾക്ക് വിശന്നപ്പോൾ ദുഃഖമുണ്ടായി ഈ തത്വത്തെ അറിയുന്നതിന് മുമ്പും നമുക്ക് രോഗം കൊണ്ടുള്ള ദുഃഖമുണ്ടായി ഇനി തത്വത്തെ അറിഞ്ഞു ആകാംക്ഷ നിവിടെ തിരിച്ചു ഇവിടെ പറയുന്നു അതിൻ്റെ തുഷ്ടി അവനിലുണ്ട് അവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എല്ലാം ശരിയാണ് പക്ഷേ അതിനുശേഷവും പഴയതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല ബാഹ്യമായ വ്യത്യാസമൊന്നുമില്ല രണ്ടു ഒരുപോലെ തന്നെയാണ് ഇത് മുമ്പും പിമ്പും ഒരുപോലെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആകാംക്ഷ നിവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് അപ്പോൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്നാലും വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരും ഈ പറയുന്ന രീതിയിൽ നമ്മൾ അത് ഗ്രഹിച്ചില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഈ തത്വമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടേതായ ആത്മരതികളിൽ നമ്മൾ നിർവൃദ്ധരാണ് ഈ അറിവിലല്ല അതുകൊണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളും കൊണ്ട് അപ്പം പിന്നെ വീണ്ടും ഇത് കേൾക്കുക അപ്പൊ അതിന്റെ ഗൗരവത്തെ ഉൾക്കൊണ്ട് കേൾക്കണം ഇതിവിടെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഏർപ്പാട് ചെയ്തിരിക്കയാണ് പല പ്രോഗ്രാമിലൊന്നും എന്ന് വെച്ചാ ശങ്കരാചാര്യരുടെ കോമഡി ഷോ എന്നാണ് നമ്മളിതിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ആർക്കെങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മരതിയുടെ ഭാവമാണ് അത്രയേ ഉള്ളൂ അതല്ല ഇത് അങ്ങനെ ഒരു എന്റർപിൻ അത് നമ്മുടെ പരമാർത്ഥം എന്തെന്ന് ബോധിപ്പിക്കുകയാണ് നമ്മളത് ശ്രദ്ധാപൂർവം വിനയപൂർവ്വം അത് ഗ്രഹിക്കാൻ ശ്രമിച്ച ഗുണം ചെയ്യും കേൾക്കുന്ന സമയത്ത് തന്നെ അതിനെ നിഷേധിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ ന്ദിക്കാനുള്ളൊരു മനസ്സുണ്ടായാലും ഇതുകൊണ്ട് എന്താ പറയുക മറിച്ച് അവിടെ വരേണ്ടത് എന്താണെന്ന് ഭാഷകാരം പറയുന്നു ആകാംക്ഷ നിവർത്തിക്കുകയാണ് വേണ്ടത് അതാണിത് തെളിയുന്നോ എന്നുള്ളതിന്റെ തെളിവ് അതാണ് ഏതിനും നിങ്ങൾക്ക് തെളിവ് വേണോ നമ്മുടെ ഉള്ളിലെ ആകാംക്ഷ നിവർത്തിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള എങ്ങനെ അതൊക്കെ ശരിയാണ് ആ പറയുന്നത് ശരിയാണ് സംസ്കാരം അനുകൂലമായിരിക്കണ്ടേച്ചാൽ അനുകൂലമായിരിക്കണം നമ്മുടെ ജീൻ അത് വേണം ഉള്ളിൽ എന്താണ് ഇപ്പൊ ജീൻ തെറാപ്പിയൊക്കെ ഉണ്ട് നമ്മുടെ എയിംസിലൊക്കെ കാണും അവിടെ പോയി അതിന് വിധേയമായാലും മതി എന്താണ് എന്തായാലും ട്രീറ്റ്മെന്റ് വേണം ഉറപ്പാണ് അതിനെന്ത് പേരിട്ട് വിളിച്ചാലും ശരി സംസ്കാരമെന്നോ ജീൻ തെറാപ്പി എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി പല തടസ്സങ്ങളുണ്ട് അതിനൊന്നിന്റെ പേരാണ് സംസ്കാരം ഇവിടെ നമ്മളിലിരിക്കുന്ന സംസ്കാരങ്ങൾ വന്നത് തടയുന്ന നല്ല പ്രശ്നം ശരിക്കുമുള്ള പ്രശ്നം എന്താണോ നമ്മൾ സംസ്കാരങ്ങളെ ഉണ്ടാക്കി അതുകൊണ്ട് തടയുകയാണ് നമ്മൾ കുറച്ചുകൂടെ മടുക്കന്മാരാണ് ഒരു സ്റ്റെപ്പൂടെ മുമ്പോട്ട് പോയി നമ്മൾ എന്ത് ചെയ്യുന്നു സംസ്കാരങ്ങളെ ഉണ്ടാക്കി അതുകൊണ്ട് തടയുന്നു അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവന്റെ ഒരു അദ്വൈതം വേറെ പണിയില്ല കൊണ്ട് പാട്ടിന് പോകാൻ പറ ഇവിടെ മനുഷ്യനല്ലാതെ തന്നെ പണി ഒരുപാടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു അദ്ധം ഇതും കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മുടെ ക്രിയേഷൻ ഇതൊക്കെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതിലൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ തടയുന്നു നമ്മുടെ പഴയ സംസ്കാരം തടഞ്ഞുണ്ടാൻ പറയുന്നത് ശാസ്ത്രം തന്നെയാണ് ഈ സംസ്കാരം പറയുന്നത് ഒരിക്കലും ഇതിനും അതറിയാം സംസ്കാരം തടസ്സമാണ് കാരണം നമ്മുടെ ഉള്ളിൽ അതൊരു വിശ്വാസ സിദ്ധാന്തമാണ് അതനുസരിച്ച് പറയാം സംസ്കാരത്തെയാണെന്നൊക്കെ പഴി പറഞ്ഞു അതനുസരിച്ച് അനാദിയായ ജന്മങ്ങളുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പോത്തിൻ്റെ സംസ്കാരം എരുമയുടെ സംസ്കാരം പാമ്പിൻ്റെ സംസ്കാരം മറ്റേ എന്താണ് ദിനോസര എന്താ എൻ്റെ പേര് അതിൻ്റെ സംസ്കാരം കഴുകന്റെ സംസ്കാരം പട്ടിയുടെ പൂച്ചയുടെ ഇതെല്ലാം കടന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം കൂടെ തടസ്സം നിന്നാൽ വല്ല കാര്യവും നടക്കും ഇത് പോട്ടെ ഇതിൻ്റെ കാര്യം പോട്ടെ എന്തെങ്കിലും നടക്കും സംസ്കാരം എന്ന് പറയുന്നത് പറയും സംസ്കാരം തടസ്സമാകുന്നവിടെ ഏത് സംസ്കാരമാണോ ഉദ്ബുദ്ധമാകുന്നത് ഉണർന്നു വരുന്നു ആ സംസ്കാരേ തടസ്സമാവും ചില സംസ്കാരങ്ങൾ ഉണർന്നു വരുന്നു അതെന്തെയും തടസ്സമായി ഇത് നമ്മുടെ യോഗശാസ്ത്രത്തിലൊക്കെ ചർച്ച ഈ ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരത്തെ ഉണർത്തുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പരിപാടി മനസ്സിലായല്ലോ അത് ഉറങ്ങി കിടക്കുകയാണ് നമ്മളതിനെ ഉണർത്തുകയാണ് ഉണർത്തിയിട്ട് എന്ത് ചെയ്യുന്നു തടയുന്നു അവിടെയാണ് ഇത് തടസ്സമായി വരുന്നത് അപ്പോൾ അല്ലാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ സംസ്കാരങ്ങളും ഒന്നും വന്ന് ഒരു കാര്യത്തിനും ഗുണത്തിനും വരുന്നില്ല ദോഷത്തിനും വരുന്നില്ല പക്ഷേ അതിനെ ഉണർത്തിക്കൊണ്ട് വരരുത് നമ്മുടെ ഉള്ളില് എല്ലാവരുടെ ഏതൊരു ദിവ്യന്റെ ഉള്ളിലും എല്ലാ പിശാചുക്കളും കുടിയിരിക്കുന്നുണ്ട് അതിനെ ഉണർത്താതിരുന്നാമതി എല്ലാം ഉണ്ട് പിശാചു യക്ഷി ഭൂതം പ്രേതം രക്തരക്ഷസ് എന്താണ് അറിവല്ല മറുതല്ല എന്തൊക്കെയാ ഇതെല്ലാം എല്ലാവരുടെ ഗവൺമെന്റും ഉണ്ട് ഓ ഞാൻ പരമവിശുദ്ധൻ പരമപവിത്രൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെയിന്റൊക്കെ അടിച്ചിരിക്കുന്ന വെറുതെയാണ് ചുമ്മാ ഇതെല്ലാം ഉള്ളിലുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അനാദി ജന്മം എന്ന് പറയുന്ന അതിന് അർത്ഥമില്ലാതെ വരും ഉണർത്താതിരുന്നാൽ മതി അവരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ അവര് ശാന്തമായി ഉറങ്ങട്ടെ ഉണർത്തി കഴിഞ്ഞാൽ എന്തുവരും അതാണ് തടസ്സമായി വരും സംസ്കാരം തടസ്സം എന്ന് പറയുന്നത് അതാണ് പ്രബുദ്ധമായ സംസ്കാരം മാത്രമേ തടസ്സമായി നിൽക്കത്തുള്ളൂ അല്ലാതെ സംസ്കാരത്തിന് മൊത്തം വഴി പറയരുത് ഒരു പാവങ്ങളാണ് നിരുപദ്രവകാരികളാണ് അപ്പോ അതിനെ ഇവിടെ ഭാഷകാരം പറയുന്നത് അറിവിനെ ഒരാൾ ഉൾക്കൊള്ളുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള സർവ ആകാംക്ഷകളും ശാന്തമാകുന്നു അത് ലോകജ്ഞാനത്തെക്കുറിച്ചുള്ളതല്ല അതെല്ലാം ഇവിടെ ഉണ്ടാകും വേണമെങ്കിൽ ജിജ്ഞാസ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അല്ലേ അത് ഓരോ പ്രകൃതി അനുസരിച്ചിട്ടാണ് അപ്പോ അങ്ങനെയുള്ള ആകാംക്ഷ നിവൃത്തിയെക്കുറിച്ച് ശ്രുതി തന്നെ പറയുന്നു അതാണ് കൂടെ പറയുന്നത് ഏകത്വ നിത്യത്വ ശുദ്ധത്വധ്യാപകത്വം ഇതാണ് ആകാംക്ഷയെ നിവർത്തിപ്പിക്കുന്നത് മുക്തിയെക്കുറിച്ചുള്ള ബോധമാണ് ആകാംക്ഷയെ നിവർത്തിപ്പിക്കുന്നത് അത് മുക്തി എന്താണെന്നറിയാൻ അവർ അവന് ആകാംക്ഷ ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞാൽ അങ്ങനെ ആകാംക്ഷ ഉള്ളവരുടെ കാര്യം പറയുന്നത് എല്ലാവരുടെയും അല്ല അങ്ങനെ ആകാംക്ഷ ഉണ്ടായിരുന്നവന് അവനെ ബോധിപ്പിക്കുന്നു ഏകത്വം നിത്യത്വം വിശുദ്ധത്വം നിയേകനാണ് ഏകാഗിയാണ് ഏകനാണ് അപ്പോൾ അത് അവൻ്റെ എല്ലാ ബന്ധങ്ങളെയും അവസാനിപ്പിക്കുന്നു രണ്ടുണ്ടെങ്കിലേ ബന്ധമുള്ളൂ ഏകനാണെങ്കിൽ പിന്നെ എങ്ങനെ ബന്ധം വരും നിത്യനാണെന്നറിയുന്നു അപ്പോൾ തൻ്റെ നാശം മരണം ഇതിനെക്കുറിച്ചുള്ള ആകാംക്ഷകളെ ഇല്ലാതാക്കുന്നു ശുദ്ധനാണ് മുക്തിയെക്കുറിച്ചുള്ള ആകാംക്ഷയെല്ലാം അവസാനിപ്പിക്കുന്നു ഞാൻ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉള്ളവനാണ് അപ്പോൾ ആകാംക്ഷകളെല്ലാം അവിടെ ഇല്ലാതാകുന്നു ത്യവത സത്യം അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ തന്നെ കുറിച്ചുള്ള ബോധം മറ്റൊന്നിനെ കുറിച്ചുള്ള ബോധം നമ്മൾ ആർക്കും കൊടുക്കാത്ത ബോധം നമുക്കുണ്ടാവേണ്ട ബോധം അതാണ് ഈ പറഞ്ഞത് ആർക്കും വേണ്ടാത്ത ബോധം അതുകൊണ്ട് തന്നെ നമുക്കും വേണ്ടാത്തത് നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ബോധം വേണ്ട കാരണം ഇതാർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടതേ നമുക്കും വേണ്ടതുള്ളൂ അതാണ് നമ്മുടെ നിലപാട് വെറുതെ ഞാൻ പറയുന്നതല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് ആർക്കും വേണ്ടെന്നോ ഇതാർക്കും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നാൽ പിന്നെ നമുക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് എന്താണോ അതാണ് ഇന്നിപ്പം നമ്മുടെ കയ്യിലും ഉള്ളത് അല്ലയോ മനസ്സിൽ ചിന്തിച്ച് മനസ്സിലാക്കണം എല്ലാവർക്കും വേണ്ടത് നമ്മുടെ കയ്യിലും ആർക്കും വേണ്ടാത്തത് നമുക്കും വേണ്ട എന്നിട്ട് നമ്മൾ പറയും ഇത് എനിക്ക് വേണ്ട എന്നുള്ളത് ആർക്കും വേണ്ട അതുകൊണ്ടാണ് തത്വബോധം നമുക്ക് ആവശ്യമില്ലാത്തത് അതാർക്കും വേണ്ടാത്തത് നമുക്കെന്തിനാ കാരണം നമ്മൾ തത്വബോധത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇതെങ്ങനെ ഉപയോഗിക്കാം ഇതെവിടെ ചെലവഴിക്കാം ഇതാണ് നമ്മുടെ ചിന്ത അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളുടെ കാര്യമുള്ള പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കാര്യമാണ് അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇതാർക്കും വേണ്ട രസമാണ് ഒരിടത്തും വേണ്ട എന്നാൽ പിന്നെ നമുക്ക് എന്തിനാ നമുക്കും വേണ്ട അപ്പോൾ നമ്മൾക്ക് അവിടെയും എന്താണ് നമ്മുടെ ലാഭ അങ്ങനെ ഇതിനെ സമീപിച്ച അങ്ങനെ ഒരു ലാഭം ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റില്ല ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരേ ഒരു ലാഭം അതിൻ്റെ പേരാണ് ആത്മലാഭം മറ്റ് ലാഭമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ നമുക്കിതിൻ്റെ ലാഭം നോക്കി ഇത് സ്വീകരിക്കാൻ പറ്റാത്തില്ല അപ്പം അത്തരം ചിന്തകൾ വിട്ടേ മതിയാവും ഇതിനെ ഉൾക്കൊള്ളണം അതാണ് നിത്യ ശുദ്ധ ബുദ്ധ ആണ് എന്ന് ഒരുവൻ തന്നെ ബോധിപ്പിക്കുമ്പോ ഭൂയക്കാജി ആകാംക്ഷ ഉപജാരി ആകാംക്ഷ അവൻ കൃതകൃത്യനാകുന്നു അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തതെന്ന് പറയുന്നു രണ്ടും ഒന്നാണ് അറിയേണ്ടതെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവൃത്തിയുടെ ആവശ്യമില്ലല്ലോ പുരുഷാർത്ഥ സമാപ്തി ബുദ്ധി ഭഗവത്തേ പുരുഷാർത്ഥ സമാപ്തി ബുദ്ധി ആണ് നേരത്തെ പറഞ്ഞു അവൻ ആവശ്യക്കാരനായിരിക്കും പുരുഷാർത്ഥം പുരുഷാർത്ഥത്തെ അർത്ഥിക്കുന്നവനായിരിക്കണം അതായിരിക്കണം പുരുഷാർത്ഥം സമാപ്തമായ ബോധം അവനുണ്ടാവും എന്ന് വെച്ചാൽ പുരുഷാർത്ഥം സിദ്ധമായി എന്നുള്ള ബോധം അവനുണ്ടാവും ബോധത്തിലൂടെയെ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് പുരുഷാർത്ഥ സമാപ്തി ബുദ്ധിപത്തേഹി അതു പിന്നീട് ശ്രുതി പ്രമാണങ്ങളിലൂടെ ഭാഷകാരൻ